അപഗതി പര്യന്തം ജ്ഞാനം സൻ വാച്ചായ ഇച്ഛായ കർമ്മം ഫലവിഷയത്വായ ഭാഷകാരൻ പറയുന്നുണ്ട് അപഗതി പര്യന്തമുള്ള ജ്ഞാനം അതാണ് സെന്റെ അർത്ഥമായിരിക്കുന്ന ഇച്ഛാ ജിജ്ഞാസ സന്നദ്ധമാണ് സൻപത്യാന്തമാണ് ആ സന്നു പറയുന്നത് ധാതോഹോ കർമ്മ സമാന ഭർത്തൃക ഇച്ഛാർത്ഥത്തിലാണ് സന് വരുന്നത് അതിന്റെ അർത്ഥം അതിന്റെ വിഷയം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ജ്ഞാതും ഇച്ഛ അറിയുന്ന ജ്ഞാനമാണ് ഇച്ചയുടെ വിഷയം ജ്ഞാനം ജ്ഞാനം കൊണ്ട് മോക്ഷം ഇതാണ് അദ്വൈനികളുടെ നിലപാട് അപ്പോ ഫലവിഷയത്വായ പറയുന്നു ഇച്ഛ എന്ന് പറയുന്നത് എപ്പോഴും ഫലത്തിലാണ് മനുഷ്യന് ഇച്ഛ ഉണ്ടാവുന്നത് സ്വർഗ്ഗം അതൊരു ഫലമാണ് അതുകൊണ്ട് മനുഷ്യന് അത് ഇച്ഛണ്ടാവും പഴയകാലത്ത് ചിന്ത അനുസരിച്ച് പറയുന്നത് പുത്രൻ പഴയകാലത്ത് അത് മനുഷ്യന്റെ ഒരു ഇച്ഛയാണ് പണ്ട് പുത്രന്മാരുണ്ടാവണം ഇപ്പോ അതാണ് മനുഷ്യന്റെ പഴയ ആഗ്രഹം പുത്രിയല്ല പുത്രൻ ഇപ്പൊ ഇച്ഛയുടെ വിഷയമാണ് പുത്രൻ എന്തുകൊണ്ടത് ഫലമാണ് ഇച്ഛിക്കുന്ന എപ്പോഴും ഫലത്തെയായിരിക്കും ഇപ്പൊ ദുഃഖം ആരെങ്കിലും ഇച്ഛിക്കോ ഇച്ഛിക്കത്തില്ല അപ്പൊ ഇവിടെ ഇച്ഛിക്കുന്നു ജ്ഞാനത്തെ ഇച്ഛിക്കുന്നു പറയുന്നു ചോദിക്കും ജ്ഞാനം ഒരു ഫലമാണ് എന്നൊരു ചോദ്യം വരും കേവല ഞാനുമല്ല ഫലത്തിൽ അവസാനിക്കുന്ന ഞാനും ഫലപര്യന്തമായ ഞാനും ഫലം എന്താണ് അവഗതി അവഗതിയിൽ അവസാനിക്കുന്നതായ ഞാനും അപ്പൊ അവഗതി എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് സാക്ഷാത്കാരം ഇവിടെ വ്യാഖ്യാനിക്കുന്നത് നിരധ്യാസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ജ്ഞാനം അങ്ങനെയാണ് സാക്ഷാത്കാരവും ശ്രവണത്തിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടാവും അതുപോലെ ശ്രവണ മനനം കഴിഞ്ഞ് നിരധ്യാസനം ചെയ്യുമ്പോൾ നിധ്യാസനം ധ്യാനം അത് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നവർ ജ്ഞാനം ആ ജ്ഞാനം തന്നെയാണ് സാക്ഷാത്കാരം പിന്നെ സാക്ഷാത്കാരം എന്ന് പറയും അപരോക്ഷ സാക്ഷാത്കാരം എന്ന് അതാണ് ഇച്ഛിക്കുന്നവിടെ അതാണ് ഇച്ചയുടെ കർമ്മം ഇച്ചയുടെ കർമ്മം വിഷയം അതോ അതാതോ അറിയുന്നതിനുള്ള ആഗ്രഹം എന്തിനുള്ള ആഗ്രഹം അറിവിനുള്ള ആഗ്രഹം അറിവ് എങ്ങനെയുള്ളത് സാക്ഷാത്കാരം അതിനുള്ള ആഗ്രഹം അതാണ് ഇവിടെ പറയുന്നു അത് കഴിഞ്ഞിട്ട് വാഷ്യതാരം പറയുന്നു ഞാനേന ഈ പ്രമാണേന ഇഷ്ടം ബ്രഹ്മ ജ്ഞാനപ്രമാണം കൊണ്ട് അവഗന്ധം അറിയുന്നതിന് ഇഷ്ടമായതാണ് ബ്രഹ്മം ജ്ഞാനത്തിലൂടെ അറിയുന്നതാണ് ബ്രഹ്മം ഇപ്പം ഈ എഴുത്തിലൊക്കെ ഭാഷകളിൽ എഴുത്തിലൊക്കെ കുറച്ച് അവ്യക്തതയുണ്ട് പണ്ടുകൂടെയൊക്കെ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് നടുവടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് കൊണ്ട് അറിയുന്നതാണ് ബ്രഹ്മ ഈ പറയുന്ന കുഴപ്പമുണ്ട് എന്താ കൊഴപ്പം അത് കുഴപ്പമില്ല അതല്ല യഥാർത്ഥത്തിലുള്ള കുഴപ്പം ജ്ഞാനം കൊണ്ട് അറിയുന്നതാണ് ബ്രഹ്മന്ന് പറയുന്നതിന് വരുന്ന കുഴപ്പം എന്താണ് പോയിന്റിൽ അത് ചിന്തിക്കുന്നില്ല അതൊന്നും ഒരു വിഷയമില്ല കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിക്കണം ബ്രഹ്മത്തിൽ അറിയുന്നതാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന തകരാറ് എന്താണ് അത് കാരണമായിട്ട് ഞാനും വരികയാണ് ഞാനങ്ങോണ്ടേ എന്നുണ്ടാവും ഇഷ്ടമായിട്ട് വന്ന് സ്ഥലമുണ്ടാകുന്നുള്ളൂ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു പ്രശ്നം എന്താണെന്ന് മനസ്സിലാകാത്ത ഫലം ഇനി പ്രശ്നം പരിഹാരം മനസ്സിലാവും വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിക്കാ പറകേണ്ട ദിവസത്തിന് ഏഹ് പ്ലാസ്റ്റിക്കു ശേഷം എടുത്തു കുടിച്ചോ വെള്ളം കുടിക്കാത്തോണ്ടാണ് വെള്ളം കുടിച്ച കുടിച്ച രാവിലെ എന്താ കഴിച്ചത് രാവിലെ അതാണ് ദോശ എന്ന് പറയുന്നത് ഡ്രൈ ആയ സാധനമാണ് അപ്പൊ വെള്ളം കൂടുതലും കുടിക്കുന്നു ചൂടാണ് തണുത്ത വെള്ളം വേണമെങ്കിൽ മറ്റേ പോണ്ട് ചൂട് വെള്ളം വേണമെങ്കിൽ ബ്ലാസ്റ്റിയില് പോലും ഫിൽറ്റർ ചെയ്ത് ഏതോ എടുത്തോട്ട് അതിനെന്താ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കുടിക്കാൻ പക്ഷെ തിളപ്പിച്ച കുടിക്കാവോ കച്ചവെള്ളം കുടിക്കാതിരിക്കുന്ന െന്താണ് പ്രശ്നം കൂടാതെ നമ്മൾ ചിന്തിക്കുന്നത് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കണം വൃത്തത്തിനകത്ത് കിടന്ന് ചിന്തിക്കുന്നതാണ് നമ്മളെ കുഴപ്പം പുറത്തുപോയി ചിന്തിക്കാൻ ഇതൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ എന്ത് ചിന്തിക്കും എന്തുമാത്രം വിഷമിക്കുകയും ഇഷ്ടം എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലേ നിങ്ങൾക്ക് ഇതൊരു വിഷയമായിട്ടേ തോന്നുന്നില്ല അതായത് ഇവിടെ പറയുന്ന എന്താണ് ഞാനേന പ്രമാണേന അവഗന്ധും ഇഷ്ടം വാക്യം നോക്കുക ഞാനേന ഞാനൊന്നിച്ചാലും അറിവ് കൊണ്ട് അവഗന്ധും റിയുന്നതിന് ഇഷ്ടപ്പെടുന്ന ആളും അറിവ് കൊണ്ട് അറിയുക എന്ന് പറഞ്ഞ എന്താർത്ഥം അറിവ് കൊണ്ട് അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെയാണ് പ്രശ്നം അതായതിപ്പോ പറയണം കോടാലികൊണ്ട് പിളർക്കുക എന്നാണ് ഞങ്ങൾക്ക് കോടാലി എന്ന് പറയുന്നത് പിളർക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കൊടലിന്ന് പറയുന്നൊരു വസ്തുവാണ് അതുകൊണ്ട് നമുക്ക് പിളർക്കാൻ പറ്റും പക്ഷേ പിള്ളർപ്പ് കൊണ്ട് പിളർക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനസിലാവും പിളർപ്പ് കൊണ്ട് പിള്ളർക്കുക എന്ന് പറഞ്ഞാൽ എന്താ കാരണം പിളർക്കുക എന്ന് പറയുന്നൊരു ക്രിയയാണ് ആ ക്രിയ കൊണ്ട് വീണ്ടും പിളർക്കുക എന്ന് പറയാനില്ലാത്തവരും അതുപോലെ ജ്ഞാനം എന്ന് പറയുന്നൊരു ക്രിയയാണ് ജ്ഞാനം കൊണ്ട് അറിയുക എന്ന് പറയുന്നത് വേണ്ടത്ര ചിന്തിക്കാതെ പറയുന്നതാണ് കാരണം ഞാനൊരു ക്രിയാണ് ജ്ഞാനമാണ് അറിവെന്ന് പറയുന്നത് പിന്നെ അറിവുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവോ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അറിവ് എന്താ വെച്ചാ ഒന്നിനെ നമ്മൾ അറിയുന്നതിനാണ് നമ്മൾ ഒന്നിനെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ അറിവെന്ന് പറയും പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് അല്ലെ പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് പുസ്തകത്തെ അറിഞ്ഞു ഒന്നുകൂടെ പറയാം അറിവിന്റെ വിഷയമായി പുസ്തകം അറിവിന്റെ വിഷയമായി പുസ്തകം പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിവെന്ന് ഒന്നേ ഉള്ളൂ അത് കണ്ണു അറിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ വ്യത്യാസമുണ്ട് കണ്ണ് വേറെയാണ് അറിവ് വേറെയാണ് വ്യത്യാസം ഇവിടെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിവൊന്നേ ഉള്ളൂ അപ്പോ അറിവുകൊണ്ട് അറിയുക എന്ന് പറഞ്ഞാൽ അവിടെ അറിയുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ അറിവ് കൊണ്ടു എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥവും അറിയുന്നു അത്രയെന്ന് അറിയുക എന്ന് പറയുന്ന മറ്റെന്തെങ്കിലും കൊണ്ട് സാധിക്കുമോ മറ്റൊന്നുകൊണ്ട് സാധിക്കത്തില്ലല്ലോ പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് അത് തന്നെ അവിടെ രണ്ടാമതൊന്നിട്ട അറിവെന്ന് പറയുന്നവര് സാധനേ ഉള്ളൂ അപ്പോ അറിവുകൊണ്ട് അറിയുക പറയുമ്പോ അറിയാൻ സഹായിക്കുന്ന ഒന്നാണ് അറിവെന്ന് വരും അപ്പൊ വേണം എന്താണോ ഒന്ന് അറിയാൻ സഹായിക്കുന്ന അറിവ് പിന്നെ അറിവ് പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് അങ്ങനെ അപ്പൊ അറിവൊന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ പറയാം എന്താണോ പ്രമാണം കൊണ്ടറിയാം എന്ന് പറയാം എന്ന് പറയാൻ നമുക്ക് മനസ്സിലാവും പ്രമാണമെന്ന് പറയുന്ന ശ്രുതി അതുകൊണ്ട് അറിയാം ബ്രഹ്മത്തെ ശ്രുതി എന്ന് പറയുന്നത് അതുകൊണ്ട് ബ്രഹ്മത്തെ അറിയാം അങ്ങനെ പറയാം അറിവുകൊണ്ടറിയെന്ന് പറയുന്നിടത്ത് ദോഷമുണ്ട് അറിവൊണ്ടറിയല്ല ചെയ്യുന്നത് മറിച്ച് പുസ്തകത്തെ സംബന്ധിച്ച് അറിവുണ്ടാവുക ചെയ്തു അതുപോലെ ബ്രഹ്മത്തെ കുറിച്ച് അറിവുണ്ടാവുക ചെയ്തു അവിടെ കരണമായിട്ട് വേറെ അറിവില്ല ജ്ഞാനം കൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് എന്താണ് ജ്ഞാനം എന്താണ് എന്നുള്ള സംശയം വരും ജ്ഞാനേനു പറയുന്നത് കരണമായിട്ടാണ് കോടാലി കൊണ്ട് എന്ന് കോടാലി കൊണ്ട് കേറുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം കോടാലി വേറെയാണ് കേറില് വേറെയാണ് രണ്ടായാലേ അങ്ങനെ പറയാൻ പറ്റും കേറൻ കൊണ്ടേ കേറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒന്നാണ് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റും കേറൻ കൊണ്ടേ കേറുന്നു ആ പറയുന്നത് ആണ് പറയുന്നത് എന്താണ് ഞാൻ അങ്ങ കൊണ്ടറിയുന്നു ഞാനും അറിയോ ഒന്നാണ് രണ്ടാണ് പിന്നെ ഞാന എന്നേന്റെ തൃതിയ വിഭക്തി ഉണ്ട് അറിയുന്നു എന്നൊരു ഒരു ക്രിയയെ പറയാൻ പറ്റത്തിൽ രണ്ട് ഒന്നായുണ്ട് പലം പിടിട്ടിയാ അമീർ ആ അത് വേണമെങ്കിൽ അങ്ങനെ പറയാം ഇനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കും എങ്ങനെയാണോ ആദ്യത്തെ ഞാനോന്ന് പറഞ്ഞാൽ എന്തെടുക്കണം പരോക്ഷം ഞാനത്തെ എടുക്കണം മനസ്സിലായോ അതുകൊണ്ടിട്ട് രണ്ടാമത് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ അപരോക്ഷ ഇപ്പൊ ജ്ഞാനം കൊണ്ടറിയുന്നു എന്ന് പറഞ്ഞാൽ പരോക്ഷം ജ്ഞാനം കൊണ്ട് അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ വെക്കാ എനിക്ക് രണ്ട് ജ്ഞാനമാക്കണം അല്ലെങ്കിൽ ഇപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രവണത്തെ ശ്രവണം കൊണ്ട് അവസാനം എന്തു ചെയ്യുന്നു ശ്രവണത്തിലൂടെ മന്നണത്തിലൂടെ നെയ്യാസനത്തിൽ ഉണ്ടാകുന്ന അറുപത് സാക്ഷാത്കാർ അതിനെ പറയുന്നു അങ്ങനെ കേട് വ്യാഖ്യാനിക്കുന്നു പളഞ്ഞ വഴിക്ക് പോകണം അപ്പോ അങ്ങനെ ഭാഷകാരെഴുതിയ ഒരു കുഴപ്പം തന്നെയായിരുന്നു പരോക്ഷ ജ്ഞാനത്തിലൂടെ പോയി പരോക്ഷജ്ഞാനം അതാണ് ബ്രഹ്മജ്ഞാനം അപ്പോൾ ബ്രഹ്മത്തെ അറിയുന്നു എന്നൊക്കെ ശരിയാണ് പിന്നിടെ വേറെ പ്രശ്നം പറയുന്നത് പ്രമാണമെന്ന് പറയുന്നത് പ്രത്യക്ഷം അനുമാനം ഉപമാനം ശബ്ദം ഇതൊക്കെയാണ് അതിൽ ജ്ഞാനം പ്രമാണമായി വരുന്നില്ല പ്രത്യക്ഷ അനുമാനം ഉപമാനം ശബ്ദം ഒക്കെയാണ് പിന്നെ അനുമതിയിലൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ അനുമാനത്തെ പറയാം അത് ജ്ഞാനമാണ് വരുമ്പോൾ സാദൃശ്യത്തെ പറയാം പിന്നെ വരുമ്പോൾ ശബ്ദജ്ഞാനത്തെ പറയാം ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയാണ് പക്ഷെ ഇവിടെ അതെന്താണെന്നൊന്നും പറയുന്നില്ല ജ്ഞാനം പ്രമാണമാണെന്ന് പറയും ഇതിനൊക്കെ ഒരു അവ്യക്തര് മനസ്സിലാക്കാം പരോക്ഷ ജ്ഞാനം കൊണ്ട് ബ്രഹ്മത്തെ അപരോക്ഷമായി അറിയുന്നു പരോക്ഷ ജ്ഞാനം കഴിഞ്ഞ് അപരോക്ഷം പിന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് സ്വയം അപരോക്ഷമാണ് അങ്ങനെ അല്ലെങ്കിൽ പരോക്ഷമായി അറിയുന്നു എന്ന് പറയുന്നിടത്തും പ്രശ്നമാണ് അപരോക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിനെങ്ങനെ പരോക്ഷമായിരുന്നു അപരോക്ഷമായിരിക്കുന്നു ഒന്നിനെ പരോക്ഷമായി ഇങ്ങനെ അറിയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളവര് അത് വ്യാഖ്യാതാക്കളിനെ കുറിച്ചൊക്കെ ഒരുപാട് വ്യാഖ്യാനിക്കുന്നുണ്ട് ഭാമികാലം വ്യാഖ്യാനിക്കുന്നത് ഇന്ന് കേവലം ജ്ഞാന മനുഷ്യരെ ഭാവതി കൊണ്ട് സാക്ഷാത്കാരം എന്താ സാധനം എന്താണ് സാക്ഷാത്കാരം എന്ന് പറഞ്ഞമാണ് സാക്ഷാത്കാരം അവഗതി പര്യന്തം ജ്ഞാനം എന്നർത്ഥം അപഗതി പര്യന്തം എന്നുവെച്ചാൽ സാക്ഷാത്കാരം വരെയുള്ള ആ ജ്ഞാനമാണ് സൻ വാച്ചായ കർമ്മ സൻ എന്റെ അർത്ഥമായിരിക്കുന്ന ഇച്ചയുടെ കർമ്മ അപ്പൊ ഇവിടെ അറിയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ സാക്ഷാത്കാരത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം എന്നാണ് ഭാവനികാരം വ്യക്തിയത് സ്മ എന്തുകൊണ്ട് ഫലവിഷയത്തോളം ഇച്ഛായ ഇച്ഛയുടെ വിഷയം ഫലമാണ് ഫലം സാക്ഷാത് ആഗ്രഹിക്കുന്നു ഒരാൾ സാക്ഷാത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ ബ്രഹ്മത്തിന്റെ സാക്ഷാത് തതുപായം ഫലപര്യന്തം ഗോച ഗോചരയതി അപ്പോ ആ സാക്ഷാത്കാരത്തിന്റെ ഉപായമായിരിക്കുന്നതെന്തോ അത് പരോക്ഷജ്ഞാനവും പറ്റും അത് ഫലപര്യന്തം എന്നുവെച്ചാൽ സാക്ഷാത്കാരം വരെ ഗോചരയതിച്ച വിഷയമാക്കുന്നു ഗോചരയതി അപ്പോ പരോക്ഷജ്ഞാനത്തിൽ തുടങ്ങി അപരോക്ഷജ്ഞാനത്തിലെത്തിച്ചേരുന്നു അതാണ് ഇച്ഛയുടെ വിഷയം സന്മാ കർമ്മിച്ച വിഷയം കസ്മാ എന്തുകൊണ്ട് ഫല വിഷയത്തോ നിനികാരം പറയും ഇച്ഛക്കെപ്പോഴും വിഷയം ഫലമായിരിക്കുമ്പോൾ സാക്ഷാത്കാരമാണ് സാക്ഷാത്കാരത്തെ ഇച്ഛിക്കുന്നു ചുരുക്കം സാക്ഷാത്കാരത്തെ യച്ഛിക്കുന്ന അധാതോ ബ്രഹ്മജിജ്ഞാസന്ന് വെച്ചാൽ ബ്രഹ്മ സാക്ഷാത്കാരത്തെ ഇച്ഛിക്കുന്നു എന്നർത്ഥം ശരി ഇനി അവഗതി പര്യന്തം സാക്ഷാത്കാരം എന്നു പറഞ്ഞത് കൊണ്ട് അത് ഇഷ്ടമാകുമോ ഇച്ഛയ്ക്ക് വിഷയമാകുമോ എന്നാ ചോദിക്കും ജിജ്ഞാസെന്നു ഇച്ഛ എന്നാണ് അവഗതി എന്ന് വെച്ചാൽ സാക്ഷാത്കാരമാണ് ഇച്ഛാ വിഷയം സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്നാണ് അതിന് ശേഷമാണ് ഭഗവത് അവഗതി വരിയെന്ന് ഞാനും അതിന് വായിച്ച് സാക്ഷാത്കാരം വരെയുള്ള ഞാൻ ആയിക്കോട്ടെ ഇച്ഛിക്കുന്നത് ഏതാവിതാവി ഇഷ്ടംഭവതി ഇത്രയും പറയുന്നുണ്ടെന്നാണ് അത് ഇച്ഛയുടെ വിഷയമാവോ ഇഷ്ടം എന്ന് വെച്ചാൽ ഇച്ചാവശ്യം ആകുമെന്നാണ് ഉത്തരം പറയുന്നു ബാക്കി എന്തായിരിക്കുന്നത് അനപേക്ഷണീയം തന്നെയാണ് ചിലത്ത അനുപേക്ഷണീയോന്നൊക്കെയാണ് ഇങ്ങനായിക്കോട്ടെ അപഗതി പര്യന്തം അപേക്ഷിക്കുന്നതല്ല അനപേക്ഷണീയ വെച്ച് അത് വിച്ഛിക്കുന്നതല്ല അങ്ങനെ ഒരു ജ്ഞാനം പറഞ്ഞാലും സാക്ഷാത്കാരമെന്ന് പറയുന്നത് ഇച്ഛിക്കുന്നല്ല എന്ന് പറഞ്ഞാലോ ഇത്യഹ അതിന് സമാനം പറയുന്നു ജ്ഞാനേന ഹി പ്രമാണേന അവഗന്തും ഇഷ്ടം ബ്രഹ്മ ജ്ഞാനമാകുന്ന പ്രമാണം കൊണ്ട് അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഇഷ്ടം ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഒരു പ്രമാണമാണെന്ത് ൂടെ ബ്രഹ്മർത് അവതരി ശരിയായിക്കോട്ടെ ബ്രഹ്മത്തെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു ഏപികം കഥം ഇഷ്ട അതെങ്ങനെ ഇച്ഛയ്ക്ക് വിഷയമാകുന്നു സാക്ഷാത്കാരം എങ്ങനെയാണ് ഇച്ഛയ്ക്ക് വിഷയമാവുന്നത് അതാ ബ്രഹ്മർഹി പുരുഷാർത്ഥ അതെന്തുകൊണ്ടാണ് ഇച്ഛയ്ക്ക് വിഷയമാകുന്നത് അപഗതിക്ക് കാരണം അത് പുരുഷാർത്ഥമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് പുരുഷാർത്ഥമാണ് ഇതുമൊക്കെ കുറച്ച് അഭിജ്ഞതയുള്ള ഭാഗമാണ് ഭാവധികാര മേഖല അഭ്യുദയ ഈ പുരുഷാർത്ഥമെന്ന് പറയുന്നത് അഭ്യുദയമാണ് സ്വർഗവും മറ്റു ആണോ അഭ്യുദയം പുരുഷാർത്ഥം നാം എന്തും നിശ്രേയസം പിന്നെ എന്താണത് മോക്ഷമാണ് നിഖിലുഖഷംഗ പരമാനന്ദ ഘന ബ്രഹ്മ അപഗതിർ ബ്രഹ്മേസം എന്താണ് മോക്ഷം പറയുന്നു ഭൗതികമായ എന്തെങ്കിലും ഉയർച്ചയല്ല മോക്ഷം ഒന്നും നിശ്രേയസമാണ് അതെന്താണ് വികളിത ഇല്ലാതായി പോകുന്ന നശിച്ചു പോകുന്ന എന്ത് നിഖിലദുഖ നിഖില ദുഃഖങ്ങൾ നശിച്ച് അതോടൊപ്പം ഉള്ള അതിനോട് കൂടി അതിനോടൊപ്പം സർവദുഃഖങ്ങളും നശിച്ച് അതിനോടൊപ്പം എന്ത് വരുന്നു പരമാനന്ദഘന ബ്രഹ്മാവഗതി പരമാനന്ദഘനം മൗനഘനാമൃതാബ്ദിയാകും എന്നൊക്കെ പറയുന്നില്ലേ ആദ്യ തന്നെ ഖനാമൃതം എന്ന് വെച്ച ആനന്ദം അത് തന്നെയൂടെയും പറയുന്നത് പരമാനന്ദഘനം പരമാനന്ദ ഖനോ എന്ന് വെച്ചാൽ പരമാനന്ദം മാത്രമായ സ്വരൂപം രണ്ടാമതൊന്നില്ലാത്തത് അതാണ് ഖനോന്ന് പറയുന്നത് പരമാനന്ദം മാത്രമായ അങ്ങനെയുള്ള ബ്രഹ്മ അവഗതി ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞ അവിടെ സർവ ദുഃഖങ്ങളും നശിച്ച് പരമാനന്ദ്രമായിരിക്കുന്ന ബ്രഹ്മാവതി സാക്ഷാത്കാരം അപ്പൊ സാക്ഷാത്കാരത്തിനിതാ സംഭവിക്കുന്ന സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാകുന്നു മറ്റൊന്നെന്താണ് പരമാനന്ദം മാത്രം അതാണ് ആനന്ദഘനം ഖനം എന്ന് മാത്രം നിർത്തും പരമാനന്ദം മാത്രം ഇപ്പൊ സാക്ഷാത്കാരത്തിൽ ഇവിടെ ഭാഗതികാരൻ പറയുന്നത് എന്താണോ അവിടെ ദുഃഖങ്ങളെല്ലാം നശിക്കുക മാത്രമല്ല ആനന്ദം മാത്രം ഇപ്പൊ ഇതൊരു പഴയ കാഴ്ചപ്പാടാണ് ഇതാണ് ഒരു പറഞ്ഞിരിക്കുന്ന ആനന്ദക്കടൽ മൗനഖനാമൃതം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് ഇത് ഭാവിതികാരനാണ് തുടങ്ങിയിരിക്കുന്നത് ചങ്കരായൊന്നും ഇത്ര കൃത്യമായി പറഞ്ഞിട്ടില്ല ഭാവനികാരനാണ് കൃത്യമായി പറഞ്ഞത് സെക്കൻഡ് കോൾ കോളിങ് ഓക്കേ ഇതാ ലൈൻ ലൈൻ വെച്ചിട്ട് കോളിങ് നമ്പർ ഓപ്ഷൻ നമ്പർ എടുക്കാം എങ്കിൽ ഞാൻ വിട്ടാണ് നമുക്ക് ഇതിന്റെ ഡെലിവറി നമ്പർ ചോദിക്കാം നിങ്ങൾക്ക് വറ്റും മാറ്റി കമ്പ്യൂട്ടറിൽ കൊണ്ട റിസ്കവർ ഫോർ ആ സാർ സ്ഥിരം പറയുന്ന ഖനീഭവിച്ച ആനന്ദം ഖനീ ഭവിക്കാന്ന് പറഞ്ഞാ എന്താ കട്ട പിടിക്കുക കട്ട പിടിക്കുക ആനന്ദം കട്ട പിടിക്കുക ആനന്ദം എന്ന് പറയുന്നത് ഈ പാലത്തായിരിക്കും പോലെ കട്ട പിടിക്കുന്ന ഒരു സാധനമല്ല ആനന്ദംന്ന് പറയുന്നൊരു അനുഭവമാണ് അത് കട്ടിപിടിക്കാത്ത ഒന്നുമില്ല അത് സാറ് ആനന്ദത്തിനും പറയും അജ്ഞാനത്തിനും പറയും കട്ടി പിടിച്ച അജ്ഞാനം എന്ന് പറയും സ്ഥിരം കടുത്ത അജ്ഞാനം അടുത്തത്തിലാണ് ഖനീഭവിക്കാമെന്ന് സാറുദ്ദേശിക്കുന്നവിടെ വലിയ ആനന്ദംന്നാണ് അതിനുവേണ്ടിട്ടാണ് പറയുന്നത് അത് അജ്ഞാനത്തിനും പറയും കട്ടിപിടിച്ച അജ്ഞാനം ആനന്ദം കട്ടിപിടിച്ച് ഒന്നും പറയത്തില്ല അങ്ങന സാറ് പറയുന്ന ഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ ഘനം എന്ന് പറഞ്ഞ എന്താ ഇരുമ്പ് മാത്രം അതിനകത്ത് വേറെ ഒന്നുമില്ല ചെമ്പോ അലുമിനിയൊന്നും ചേർത്തതല്ല അതുപോലെയാണ് അത് മാത്രം എന്നുള്ള അർത്ഥത്തില ആനന്ദഘനം എന്ന് പറയുന്നത് കട്ടി എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഭാഷ ഇവിടെ ഇദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വികളിത നിഖില ദുഃഖാനുഷൻ എല്ലാ ദുഃഖങ്ങളും നശിച്ച് അതിനോടൊപ്പമുള്ള അങ്ങനെ ഇരിക്കുന്ന പരമാനന്ദഹനം പരമാനന്ദം മാത്രമായിരിക്കുന്ന ബ്രഹ്മ ദുഃഖങ്ങളൊന്നുമില്ല അതിന്റെ എന്താണ് അപഗതി സാക്ഷാത്കാരം എന്ന് പറയുന്നത് ബ്രഹ്മണ സ്വഭാവം അത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് ബ്രഹ്മം വേറെ ആനന്ദം വേറെയല്ല ബ്രഹ്മത്തിന്റെ ആനന്ദത്തെ അനുഭവിക്കുകയല്ല പശുവിന്റെ പാല് കറക്കുന്നു പറയും പോലെ പശുവിന്റെ പാല് കറന്ന് കുടിക്കുമ്പോൾ പശു വേറെ പാല് വേറെ അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് ആരെങ്കിലും ആനന്ദത്തെ അനുഭവിക്കുകയല്ല പിന്നെന്താണ് ഈ പറയുന്ന സാക്ഷാത്കാരം ആനന്ദം എന്നൊക്കെ പറയുന്നത് ബ്രഹ്മസ്വരൂപം തന്നെ ബ്രഹ്മസ്വഭാവമാണ് സ്വരൂപം എന്നർത്ഥം അതുകൊണ്ട് അതാണ് പുരുഷാർത്ഥം മോക്ഷം അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞ ബലത്തിലെന്തായി മോക്ഷം എന്ന് പറഞ്ഞ ഫലത്തില് അത് ബ്രഹ്മം തന്നെ മീൻസിന ബ്രഹ്മണസ്വഭാവ മോക്ഷം എന്ന് പറയുന്നത് ബ്രഹ്മൻ തന്നെ ഇത് ശങ്കരായങ്ങനെയാണ് പലയിടത്തും പറയും ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോ എന്താണ് നിത്യമുക്തമാണ് എന്നുവെച്ചാൽ മുക്തി എന്ന് പറയുന്ന ബ്രഹ്മത്തിന്റെ സ്വരൂപം ആണ് പിന്നെ സാക്ഷാത്കാരം എന്താ ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരും അത് സ്വരൂപമാണെങ്കിൽ അതെന്തെയ്യുന്നു നിഖില ദുഃഖങ്ങളെയും വികളിതമാക്കുന്നു ഇല്ലാതായി ആണ് സാക്ഷാത്കാരത്തിന്റെ പ്രയോജനം സകല ദുഃഖത്തെ അത് ഇല്ലാതാക്കുന്നു സാക്ഷാത്കാരം അപ്പൊ എന്തായി അതെന്തായിട്ട് അത് ബ്രഹ്മം തന്നെ ആ വിദ്യാനുസാഖ്യ ഇവിടെ പറയുന്നത് ഭാഗതികാരന്റെ അഭിപ്രായം എന്നുവച്ചാ പരമാനന്ദത്തെ പ്രാപിക്കുകയല്ല ദുഃഖം നിവർത്തി പറയുന്നുണ്ട് പരമാനന്ദത്തെ പ്രാപിക്കുന്നില്ല പിന്നെന്താണ് പരമാനന്ദ്രെന്താണ് പരമാനന്ദ പ്രാപിക്കുന്നില്ല പിന്നെ പിന്നെന്താ പരമാനന്ദ ഘന ബ്രഹ്മ സ്വഭാവം പരമാനന്ദ സ്വഭാവമാണ് സ്വബ്രഹ്മ അത് ബ്രഹ്മം തന്നെ പരമാനന്ദം തന്നെയാണ് ബ്രഹ്മം അതാണ് മോഷണം പറയുന്നു ബ്രഹ്മം അതും പൊതുവെ പറയുന്നു ണെന്ന് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും പറയും ബ്രഹ്മമാണെങ്കിലും താൻ ബ്രഹ്മമാണെന്ന് അറിയുന്നു അതിനുവേണ്ടി പറയുന്നു അജ്ഞാനികളെ ഉദ്ദേശിച്ചു ഇവിടെ പറയുന്ന സാക്ഷാത്കാരത്തെ കുറിച്ച് മറ്റേ അജ്ഞന്മാരെ കുറിച്ച് പറയുന്നു എല്ലാവരും ബ്രഹ്മം തന്നെ പക്ഷെ ആരും ബ്രഹ്മമാണെന്ന് പറയുന്നു ഇവിടെ പറയുന്ന അങ്ങനെയല്ല സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്തു ്രഹ്മെന്ന് പറയുന്നത് എന്താണ് ആനന്ദം തന്നെ അത് ബ്രഹ്മം തന്നെ എന്നാണ് ഇത് വീണ്ടും വിശദീകരിക്കുവേ ഇവിടെയൊക്കെ തുടങ്ങിയതേ ഉള്ളു ഇത് അഴക്കാരത്തെക്കുറിച്ച് ഭാവനികാരൻ വിശദീകരിക്കും ഇത് സൈവനിശ്രേയസം അപ്പൊ പുരുഷാർത്ഥം എന്താണെന്നുകൂടെ പറഞ്ഞു കാരണം ഭാഷകാരം പറഞ്ഞു ബ്രഹ്മ അപകദർഹി പുരുഷാർത്ഥം ്രഹ്മ സാക്ഷാത്കാരമാണ് പുരുഷാർത്ഥം അപ്പൊ ബ്രഹ്മ സാക്ഷാത്കാരം പറയുന്നത് എന്താണു ബ്രഹ്മസാക്ഷാത്കാരം എന്തെന്നാണ് ബ്രഹ്മസാക്ഷാത്കാരം പറയുന്നത് ബ്രഹ്മം തന്നെ ബ്രഹ്മസാക്ഷാത്കാരം പറയുന്നത് ബ്രഹ്മം തന്നെ ബ്രഹ്മം വിളിക്കുന്ന സാക്ഷാത്കാരം എന്തിനു വിളിക്കുന്നു ആ ദുഃഖത്തെ ദുഖങ്ങളെ അത് അത് എന്തുകൊണ്ട് പുരുഷാർത്ഥമായി മാത്രമാണ് ആനന്ദഘനമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആനന്ദം മാത്രമാണ് മനസിലായ ബ്രഹ്മം ആനന്ദം മാത്രമാണ് നമ്മളിതങ്ങനെ പറയുന്ന ഒരു കഥ പറയുമ്പോ പറയുന്നേ ഉള്ളൂ അറിയു എന്താണോ സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യ ഇതൊരു കഥ മനസ്സിലാക്കിയാണീ അറിവാണ് എന്തല്ല കവിനെന്തല്ല മനസ്സിലാക്ക ഇതൊരറിവാണ് ഈ പറയുന്ന ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് അപ്പൊ അതിനെങ്ങനെ ഹോ അതിസാഹചാർ തരമരתי നേനകാര ഇവ ഓക്കേ ഒന്നന്നന്തം ഒന്നന്നന്തം പോട്ട ഇവർ ഒരു ചെറിയ ഒരു ഒന്നേ സെ ഒന്നായാ